പതിനെട്ട് അന്തവന്ത ഇതേ ദേഹം വിദ്യസ് ചെയ്യുന്ന അനാവശ്യം അപ്രമേ ഈ പതിവ് വളരെ ലളിതമാണ് എല്ലാർത്ഥം മനസ്സിലാക്കാൻ വായിച്ച രണ്ടർത്ഥം മനസ്സിലാക്കാൻ സംസ്കൃതത്തിൻ്റെ സാമാന്യ പരിധി പദ്യാർത്ഥിവെച്ച് ഇവിടെ പറഞ്ഞു ആത്മാവ് പ്രമേയമല്ല പ്രമാതാവാണ് അറിവിന്റെ വിഷയമല്ല അറിയുന്നവനോ തീരീക്കാര്യം മുമ്പോട്ട് പറയുന്നുണ്ട് വ്യക്തിത്വം രാഹു ക്ഷേത്ര വിധാന അതായത് ക്ഷേത്രജ്ഞൻ പ്രമാതാവ് എന്ന് പറയുന്നതിന് വ്യാഖ്യാന ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ അറിയുന്നു അവൻ പറഞ്ഞു ശരിയെല്ലോ ക്ഷേത്രത്തിൽ ദ്രവ്യം പുരുഷൻ ചെയ്യുക ക്ഷേത്രം ക്ഷേത്രത്തിനേവേദ്രോവേക്ക് തന്ത്രമാണ് ക്ഷേത്രത്തിൽ പതിമൂന്നാം ദ്വേദി പറയും ഓ ക്ഷേത്രത്തെ അറിയുന്നവനാണ് റിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ആത്മാവ് അതാണ് ഇവിടെ പ്രമാദറിയുന്നും ആത്മാവല്ല അറിയുന്നത് അങ്ങനെ ഹിതം എന്നറിയും പതിമൂന്നാം അധ്യായത്തിൽ ഇത് പലതരത്തിൽ പറയുന്നു അവിടെ ഈ പുരുഷൻ പ്രകൃതി പിന്നെ പരമാത്മാവ് ഇതെല്ലാം പലതരത്തിലൂടെ പറയുന്നുണ്ട് പ്രത്യേകത പൈമൂന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കൊരു ശ്ലോകാർത്ഥം മനസ്സിലാക്കുന്നതിന് പ്രയാസമൊന്നുമില്ല എല്ലായിടത്തും അങ്ങനെയാണ് ഇത് പരസ്പരം കൂട്ടി ബന്ധിപ്പിച്ചിട്ട് എന്റെ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാകുന്നത് രീതിയിൽ ഏറ്റവും പ്രയാസം പതിമൂന്നാം അധ്യായവും മറ്റുള്ള എല്ലാ അധ്യായങ്ങളിലും വ്യാഖ്യാതാക്കളെല്ലാം കണ്ണടച്ച് വ്യാഖ്യാനിക്കുന്നവർ അധ്യായമാണ് പതിമൂന്നാം കാരണം ഈ പദ്യങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിക്കുന്നതിനാണ് നമ്മൾ പറയുന്ന സിദ്ധാന്തം ഒരു പദ്യത്തിൽ മാത്രം സിദ്ധാന്തം ഉണ്ടാക്കാം എല്ലാം കൂട്ടിച്ചേർന്ന ഭാഷയത്തിൽ ഇവിടെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ കോട്ടി അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ഒരു സിദ്ധാന്തമാണ് പതിമൂന്നാം ദേഹത്തിലെ സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുടച്ച് വയ്ക്കാനിക്കുകയുള്ള ഒരു നിവൃത്തി അപ്പോൾ എല്ലാവരും അവരവരുടെ സിദ്ധാന്തത്തെ അവിടെ തിരികെ പ്രശ്നമുണ്ടെന്ന് ഏറ്റവും പ്രയാസം പതിമൂന്നാം അദ്ദേഹത്തിന് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സിദ്ധാന്ത കുരുക്കുകളുള്ള അദ്ദേഹങ്ങൾ പതിമൂന്നാം ീ പല വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കള് ശാങ്കര ഭാഷയാണ് നോക്കുന്നെങ്കിൽ പ്രശ്നമുണ്ട് കാരണം ഭാഷയത്തിൽ സിദ്ധാന്തമാണ് ചർച്ച ഗീത രാമാനുജ ഭാഷ നോക്കിയാലും പ്രശ്നമുണ്ട് അവിടെ സിദ്ധാന്തമാണ് ചർച്ച അപ്പൊ അവിടെ ഇത് പറഞ്ഞിരിക്കുന്നു പൊതുവായി പറഞ്ഞു പതിമൂന്നാം അധ്യാപികം ബാക്കി പറയാം അവിടെ ഏറ്റവും ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് അറിയുന്നവനാണ് അതാണ് പ്രമാവ് അതാണ് ആത്മാരി അത് തുടർന്ന് വിശദീകരിക്കുന്നെച്ചാൽ അനേക ഉപ്പച്ചയ്യാത്മക ആത്മാവലഭ്യത അനേകം അവയവങ്ങളോട് കൂടിയ ഒരാത്മാവ് ഉപചയെന്ന് വെച്ചാൽ ഇവിടെ അവയവം എന്ന അർത്ഥം പറഞ്ഞു അങ്ങനെ ഒരാത്മാവ് ഉപലബ്ധമല്ല അങ്ങനെ ഒരാത്മാവിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അവയവങ്ങളോട് കൂടിയിരിക്കുന്ന പുസ്തകം അവയവന്ന് വെച്ച ഭാഗങ്ങൾ ഇത് എന്തായിരുന്നു ആത്മാവ് അപ്പോ കാറ് മേശ കെട്ടിടം ഇതൊക്കെ എന്താണ് അനേക അവയവങ്ങളോടുകൂടി അതൊന്നും ആത്മാവന അപ്പോൾ ആത്മാവ് പറയുന്നത് അങ്ങനെ ഭാഗങ്ങളില്ലാത്ത ഒന്നായി ി ചോദ്യം ഇതിനകത്തെല്ല ആത്മാവുണ്ടോ ഇതാത്മാവല്ല ഇതിനകത്തെല്ലാം ആത്മാവുണ്ടോ അത് പിന്നെ ഓരോരുത്തരുടെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ചെറുപറി ഇതിനകത്തൊക്കെ ആത്മാവുണ്ട് ചെറുപറിയും ആത്മാവില്ല അങ്ങനെ പറയും അതിന്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ചാണ് ആത്മാവ് സർവവ്യാപ്യമാണ് അതിനും ആത്മാവുണ്ട് എന്ന് പറയും ചിന്ത പറയുന്നത് സർവവ്യാപിയാണെങ്കിലും അതിനകത്ത് ആത്മാവ് അപ്പോ ഓരോരുത്തരുടെ ശ്രദ്ധാന്തം വെച്ചിട്ട് അവിടെ എന്തായാലും ശരീരം അതിനകത്ത് ആത്മാവുണ്ട് ആത്മാവിരിക്കുന്നുണ്ട് ശരീരം ആത്മാവ് അവയവമുള്ളത് അവയവമുള്ളവരാത്മാവിനാരങ്ങൾ അത് തെളിയിക്കുകയും അനേക ഉപജയാത്മകാത്മാവലബ്ധ്യത സർവത്ര ദേഹേ ജയപൂർണ്ണ ശരീരം സർവത്ര ദേഹം തുടരുമ്പോൾ ഈ ശരീരത്തെ മൊത്തമായിട്ടുണ്ട് ഈ ശരീരത്തിൽ അഹം ഇതം ജാനാങ്കി ദേഹസ് ചന്യസ്സി പരമാതൃത്യ ഏകരൂപേണ ഉപലബ്ധിയെ എനിക്ക് ഒരു ശരീരം ശരീരം അവയങ്ങുന്നുണ്ട് എന്നാലും ശരീരത്തെ ഞാനിങ്ങനെ അറിയുന്നു ഇതം ഒന്നായിട്ടറിയും പിന്നെ എന്റെ ഞാനിങ്ങനെ അറിയുന്നു അഹം അഹമെന്ന് പറയുന്നതിലും ഒരു സംശയമില്ല ഏകവചനമാണ് ഏകത്വത്തെ കാണിക്കുന്നു ം ശരീരത്തെയും ഏകമായിട്ടറിയുന്നു ഞാൻ ഞാൻ എന്നിങ്ങനെ എന്നെ എന്നു വെച്ചാൽ ഞാൻ ആത്മാവാണ് അതിനെ ഏകമായി അറിയുന്നു ഈ ഏകമായി അറിയുന്ന അഹം എന്നറിയുന്ന ഈ ഏകത്വം ഏകത്വ ബോധം മറ്റത് ഏകത്വ ബോധമാണ് ശരീരത്തിന് ഏകത്വ ബോധമാണെങ്കിലും അഹമെന്നുള്ള ഈ ഏകത്വ ബോധം ഇതാണ് അവയവമില്ലാത്ത അംശങ്ങളില്ലാത്ത ഇതിലൂടെ അംശം ഇതമെന്ന് ഞാൻ അറിയാം ഇത് വേഗമാണ് പക്ഷെ ഇതിന് അവയവമാണ് നേരത്തെ പറഞ്ഞ വിശദീകരണം ഭാഗമാണ് പക്ഷെ അഹം എന്താണ് അവിടെ എന്താണ് അവിടെ ഏകമാണ് അവയവമില്ലാത്ത ഭാഗങ്ങളില്ലാതെ അവയവമില്ലാത്തവിടെ എടുത്തു പറയുന്നത് നിത്യമാണെന്ന് കാണിക്കാ ഏകമായിരിക്കുകയും ചെയ്യും ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പണ്ടല്ല ഇന്നും വളരെ സയൻസിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാത്ത സംഭവമാണ് ഈ യകത്വബോധം അപ്പൊ സയൻസിന് നിർബന്ധമുള്ള ഒരു കാര്യം എന്താണോ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ഭൗതികമായി തന്നെ വ്യാഖ്യാനിക്കുന്നു അതിനാണ് റിഡക്ഷനിസം ഫിസിക്കലിസം മെറ്റീരിയലിസം എന്നൊക്കെ പറയുന്നത് അതേ അപ്പൊ അതെങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഈ മേസേജ് എങ്ങനെ വ്യാഖ്യാനിക്കാം അതിനെ ആറ്റം സദാറ്റം കടത്തി വെക്കും പരിശോധിച്ച് പരിശോധിച്ച് തന്നവിടെ എത്തി അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഏത് ഘടകത്തെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ റിഡക്റ്റീവായി വ്യാഖ്യാനിക്കും റിഡ്യൂസ് ചെയ്ത് വ്യാഖ്യാനിക്കും അതിനാണ് റിഡക്ഷനിസം അവിടെ എല്ലാത്തിനും വിശദീകരണം കൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചിട്ടാണ് ബിഗ് ബാങ്ങിലേക്ക് പോകും പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നതും പിന്നെ ഇതെല്ലാം രൂപപ്പെടുന്നതും ഈ പ്രപഞ്ചം ഉണ്ടാകും എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിന്റെ അടിസ്ഥാനം അതാണ് പക്ഷേ ബോധത്തിന്റെ കാര്യം വരുമ്പോൾ ബോധത്തിൽ നിന്ന് വ്യാഖ്യാനം ബോധത്തിനും ഇതേ വ്യാഖ്യാനം സാധ്യമാകുമെന്നാണ് അവർ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദന ഉള്ളിൽ തലവേദന ഈ വേദന എന്ന് പറയുന്ന അനുഭവത്തെങ്ങനെ വയ്ക്കാനേ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഉള്ളവർ എവിടെയോ ഒരു ന്യൂറോൺസിൻ്റെ ഫയറിംഗ് ഉണ്ടാക്കിയെന്നാണ് എന്നാണ് അവരുടെ ഭാഷ കുറേ അതാണ് വേദനയ്ക്ക് കാരണമോ അതിനാണ് റിഡക്ഷൻ ഇസം എന്നപ്പോൾ നമ്മുടെ ബോധത്തെ വേദന എന്ന് പറയുന്നത് കേവലൊരു ബോധമല്ല അതിനൊരു പറയുന്നത് കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസും ഈ എക്സ്പീരിയൻസിനെയും ഭൗതികമായി വയ്ക്കാം എന്നാണ് പക്ഷെ ഇതിനുള്ള വരുന്നൊരു പ്രശ്നം ഇതിലൂടെ പലരും ഉന്നയിക്കുന്ന ന്യൂറോ സയന്റിസ്റ്റ് ഡേവിഡ് ചാമേഴ്സ് പോലെയുള്ളവർ ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒരു ന്യൂറോൺ ഫയറിംഗ് ആണ് സംഭവിച്ചത് എന്തുകൊണ്ട് വേദന തന്നെയെന്നുള്ളത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇപ്പം ബിസപ്പ് ഉണ്ടാവണമെന്ന് ഈ പറയുന്നവര് എന്തുകൊണ്ട് എല്ലാത്തിനും അവർ പറയുന്ന ന്യൂറോൺ ഫയറിംഗ് വിശപ്പ് തന്നെ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ദാഹമായിരുന്നു എല്ലാ എക്സ്പീരിയൻസും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത് തന്നെ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സയന്റിഫിക്കായിട്ട് ഒരു ആൻസർ ഇല്ല ഇന്ന് എന്തിനാണ് പറയുന്നത് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് കൃത്യമായി സയന്റിഫിക്കായിട്ട് ഒരു ആൻസർ പറയാൻ പറ്റും പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയും അപ്പോ സയന്റിഫിക്കായ ഒരു ആൻസർ കിട്ടിയാലെന്ത് ചെയ്യും എന്തായാലും സാർ ഫിലോസഫിയിലേക്ക് സയൻസിന് ഉത്തരം കിട്ടാത്തടത്താണ് ഫിലോസഫി ആശ്രയിച്ചത് അതാണ് ഈ ഡേവിഡ് ചാമേഴ്സിന്റെ ഹാർഡ് പ്രോബ്ലം ഓർ കോൺഷ്യസ് അത് ഇപ്പോഴുള്ളതല്ല അവർ പുതിയ രീതിയിൽ അവതരിപ്പിച്ചൊന്നും ഇത് പഴയവരി ചിന്താ മതി പിന്നിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോയിട്ടുണ്ടോ നാഗാർജുനും ധർമ്മകീർത്തിയും പറഞ്ഞ കാര്യങ്ങളാണ് അത് അവര് ആ പേരുകളൊന്നും പറയുന്നില്ല ചിന്ത ഇവർക്കൊക്കെ പാശ്ചാത്യ നാടുകളിൽ വലിയ പ്രശസ്തി ഉണ്ടായി ഇവരുടെ ഈ തീർ അതിനൊരു കാരണമായി അപ്പോൾ അവർ സ്ഥാപിക്കുന്നത് എന്താണോ ഈ ഭൗതികത്തിൽ നിന്നും മാറി നമ്മളീ പറയുന്ന ബോധത്തിന് സ്വതന്ത്രമായൊരു നിലയുണ്ടാവുന്നതുകൊണ്ടാണ് കാരണം അതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ കാര്യം ഈ പറയുന്ന ഡേവിഡ് ചാമ്പ്യൻസൺ ഒരുപാട് വിലക്കിയ ഒരുപാട് പ്രസംഗം വന്നു പുള്ളിയില്ല ഇതേ ഒരു നാച്ചുറലിസ്റ്റ് ആണ് ഭൗതികവാദിയാണ് ആത്മീയവാദിയല്ല ബോധത്തിന് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സത്യ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് പറഞ്ഞാൽ ഇവിടെ ആത്മീയവാദമാണ് അദ്വൈതി മറ്റൊരു കാത്മീയ പറയണം പക്ഷെ അതങ്ങനെ അല്ല ഏതുപോലെ ബൗദ്ധന്മാർക്കും അവരു ബൗദ്ധ ട്രഡിഷനാണ് അവരേകദേശം അതുപോലെ അതല്ല അത് ഇപ്പം കാലം ഒരുപാട് മാറിയിട്ടുണ്ട് അതൊരുപാട് പരിഷ്കാരം അപ്പൊ ഈ ബൗദ്ധ ട്രഡിഷനാണ് ചന്ദ്രാചാര്യ ഗൌഢപാതാചാര്യരുടെ അദ്വൈതത്തിലെത്തിച്ച കാരണം നാഗാർജുനെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടുകൾ ജനിച്ചതിനാളായി ഈ ഗൗഢപാതാചാര്യരും ധർമ്മകീർത്തി അതേ അതി സമകാലകന്മാരാണ് ധർമ്മകീർത്തി എന്ന് പറയുന്നത് നാഗാർജുനെ വ്യാഖ്യാനിച്ച ആളാണ് പ്രമാണം ഒരുപാട് പാശ്ചാത്യ നാടുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പ്രൌഢപാദാചാര്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ബൗദ്ധ സ്വപ്നങ്ങളാണ് പറഞ്ഞാൽ അജാതി അസ്പർശം സമൃദ്ധി അലാധകത്വം നിരവധി സ്വപ്നങ്ങൾ ബൗദ്ധന്മാരുടെ സ്വപ്നങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നു പക്ഷേ ഓടബോധാരി അദ്വൈതമാണ് പറയുന്നത് മറ്റൊരു കാര്യം നൈതദ്ബുദ്ധീന ഭാഷ എന്നും പറയുന്നു അപ്പോൾ അദ്വൈതങ്ങൾക്ക് അവര് നിരന്തരം ബൗദ്ധന്മാരെ എതിർക്കുന്നുണ്ടെങ്കിലും ബൗദ്ധന്മാരോട് വളരെ കടപ്പാടുള്ള അത് തുറന്ന് സമ്മതിക്കും തുറന്ന് സമ്മതിക്കുന്നവരും അങ്ങനെ തുറന്ന് സമ്മതിക്കുന്ന ഒരാളാണ് വാചസ്പതി മിശ്രം എന്ന സൂത്രത്തിന്റെ ഭാഷയത്തിലെ ചില ഭാഗങ്ങൾ വാച്രം പറയും ശരിക്കും ഈ ധർമ്മനിർത്തിയെ പോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഭൂതാർത്ഥ സ്വഭാവസ് വിപരീതം യജ്ഞാത്രം യജ്ഞക്തി ഇത് ധർമ്മകൃതി പ്രമാണവാഹിയാക്കി സങ്കരാചാര്യർക്കും മുമ്പ് ജീവിച്ചിരുന്നതാണ് പക്ഷെ ധർമ്മകൂർത്തി എന്ന് പറയത്തില്ല പേരൊന്നും പറയത്തില്ല അവിടെ പറഞ്ഞു ബാഹ്യാഹു ബാഹ്യന്മാര് അവരും പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാന്തത്തെയാണ് വാശു പറയുന്നത് നമ്മുടെ സിദ്ധാന്തം വെച്ചാൽ അദ്വൈതികളുടെ സിദ്ധാന്തത്തെ ബാഹ്യന്മാരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം ഈ വാചസ്പതിക്ക് മുമ്പ് ജീവിച്ചെരുന്ന ആളാണ് ശങ്കര ശങ്കരായിരത്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏകദേശം അറുന്നൂറ് പേരിൽ ഒക്കെ ജീവിച്ചിരുന്നയാളാണ് ധർമ്മങ്ങൾ അപ്പൊ വാചസ്പതി എഴുതുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ സിദ്ധാന്തത്തെ അവരും പറയുന്നുണ്ട് ശരിക്കും അങ്ങനെയാണോ പറയേണ്ടത് എന്നെങ്ങനെ പോയത് അത് പറയത്തില്ല ഇല്ല ഇല്ല ബാലകൃഷ്ണ മിശ്രാണ് അത് മണ്ടന്ന മിസ് അല്ല ഇത് കുമാറിന്റെ പട്ടം ആ കഥ കുമാറിന്റെ പട്ടങ്ങളാണ് ഈ ധർമ്മം നടത്തിയെ ബൗദ്ധനാണ് അത് കുമാരനഭട്ടന്റെ ശേഷക്കാരനാണ് ആ കഥകളാണ് അങ്ങനെ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ അമ്മാവിനോട് കണങ്ങിപ്പോയാണ് ബൗദ്ധി ഈ കഥകളൊന്നുള്ളൂ അടിസ്ഥാനമുള്ള കാര്യങ്ങളും പക്ഷെ ധർമ്മകൃതി നളന്ത സർവകലാശാലയിലെ അധ്യാപകനായ പിന്നെ ദക്ഷിണേന്ത്യക്കാരനാണെന്നും പറയുന്നു അതൊക്കെ പോട്ടെ അപ്പൊ ഇവിടെ ഈ ഇതാണ് നോക്കണം എന്റെ ക്രോണോളജി നാഗാർജുനൻ കഴിഞ്ഞ് ഒന്നോ രണ്ടോ നൂറ്റാണ്ടോ കഴിഞ്ഞപ്പോ ധർമ്മകൂർത്തി വന്നു നാഗാർജുനെ വ്യാഖ്യാനിച്ചു അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ശങ്കരാചാര്യ വന്നു അതും കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞാണ് വാചസ്മനിശ്രൻ ആ വാചസ്മിശ്രം പറയുന്നു ഞങ്ങളുടെ സിദ്ധാന്തമാണ് അവര് പറയുന്നത് ആരോഗ്യ ബോധ്യം പറയും എന്താണ് ഒരിക്കലും പറയത്തില്ല എന്താണ് അവരുടെ സിദ്ധാന്തം ഞങ്ങൾ പറയുന്നു എന്ന് പറയത്തില്ല എന്താണ് പറയുന്നത് പറയുന്ന ഒരു വലിയ കാര്യമാണ് ധർമ്മ തത്വപക്ഷഭാഗമൊക്കെ സ്വഭാവവും ചെയ്യാം മനുഷ്യന്റെ ബുദ്ധിക്കൊരു സ്വഭാവമുണ്ട് എന്താണ് ആ തത്വപക്ഷ തത്വത്തിനേക്കത് തിരിയും അല്ലെ നമ്മൾ എന്തിനാ അടുത്ത എന്റെ മുറി ജനങ്ങൾക്കൂടെ ഒളിഞ്ഞു നോക്കുന്നു അവിടെ എന്തെങ്കിലും സത്യമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം മനുഷ്യന്റെ ബുദ്ധിക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട് ഏതൊരു കാര്യത്തിൻ്റെയും യഥാർത്ഥം അറിയുക തത്വചിന്ത ആയാലും ശരി സയൻസായാലും ശരി ഇത്രയും വളർന്നതൊന്നാണ് യാഥാർത്ഥ്യങ്ങൾ അറിയില്ല തന്റെ യാഥാർത്ഥ്യത്തെ അറിയില്ല പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യത്തെ അറിയുക അങ്ങനെയുള്ള സത്യാന്വേഷണം എന്നൊക്കെ പറയുന്നത് മനുഷ്യബുദ്ധിയുടെ ഒരു സ്വഭാവം എന്നാണ് ധർമ്മങ്ങളെടുത്ത് പറയുന്നത് അത് ും പറയുന്നു ഞങ്ങളുടെ അത്വൈതിയുടെ സിദ്ധാന്തമാണ് അവരും പറയുന്ന അവരുടെ സിദ്ധാന്തത്തെ ഇങ്ങോട്ടെടുത്തിട്ട് പറയുക പൊതു തത്വമാണ് പൊതു തത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെന്താ പറയാ എന്താണോ എന്നൊരു മറുസൈക്കൂലുണ്ട് എന്താണോ സത്യത്തെ മറച്ചു വെക്കാവുന്നതിനുള്ള അത്ഭുതകരമായൊരു വഴിവ് മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് പൊളിക്കാൻ ഇതുവരെ സയൻസിന് കഴിഞ്ഞിട്ടാണ് ലൈവ് ഡിറ്റക്ട് മറ്റേ കോളിഗ്രാഫ് ടെസ്റ്റ് ഏത് ടെസ്റ്റ് നടത്തിയാലും ശരി എന്താണ് നിങ്ങളൊരു കാര്യം പൊളിച്ച് വെച്ചു കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവരാൻ വയ്ക്കാൻ പറ്റിയ പ്രയാസമാണ് മലപ്പൂർവ്വം ഞാൻ പറയത്തരെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തു വരത്തില്ല അപ്പൊ സത്യത്തെ മറച്ചു വയ്ക്കാനും കഴിയും മനുഷ്യൻ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെ കള്ളങ്ങളാണ് ോട്ടീസിൽ പറയുന്നത് അതിന്റെ കാലം കഴിഞ്ഞു മനസിലാ അതുകൊണ്ടൊന്നും അത് നിങ്ങള് പേടിക്കില്ല നിങ്ങളുടെ ആരെയെങ്കിലും രഹസ്യം പുറത്തു കൊടുക്കുകയായിരുന്നോ പിന്നെ ഈ പോലീസുകാർക്ക് ഏത് കുറ്റവും തെളിയിക്കുന്നതിനൊരു പ്രയാസമുണ്ടല്ലോ അവർ പിന്നെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണ്ടല്ലോ ഓരോരുത്തരെയും കുറിച്ചും ഇറ്റ്നോട്ടൈസ് ചെയ്യണമെങ്കിൽ അതായത് കുറേ കാലത്ത് മനുഷ്യൻ എങ്ങനെ വിശ്വസിച്ചിരുന്നതാണ് ഇപ്നോട്ടൈസ് ചെയ്യണം നമ്മുടെ മനസ്സിനങ്ങനെ വിപ്നോട്ടിക് ആയിട്ടുള്ളൊരു സ്റ്റേജുണ്ട് അത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് അതിനിത്രയർത്ഥം നിങ്ങളുടെ മനസ്സ് വളരെ ദുർബലമാണെങ്കിലും മനസ്സ് വളരെ വൈകാരികമാണെങ്കിൽ ബലമുള്ളവരുടെ മനസ്സിന് നിങ്ങൾ കീഴടങ്ങും നിങ്ങളുടെ മനസ്സ് കീഴടങ്ങും നിങ്ങളുടെ മനസ്സ് കീഴടങ്ങും നിങ്ങളുടെ വ്യക്തിത്വം കീഴെങ്ങും നിങ്ങളുടെ ജീവിതം കേടും അത് രണ്ടും മനസ്സുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല അല്ലാതെ നിങ്ങളുടെ മനസ്സിന് രകത്തിരിക്കുന്ന ഒരാൾക്ക് പുറത്തെടുക്കാൻ ഇത്രയും ആധുനിക സംവിധാനങ്ങൾ വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി ജീവിച്ചത് എന്താണ് ടീഫോണിഗ്രാഫ് ടെസ്റ്റ് പോലെയുള്ള ഓരോ ടെസ്റ്റുകളും കോടതിയിൽ തെളിവായി സ്വീകരിക്കുന്നില്ല കള്ളന്മാരെ കൊണ്ടുപോയി ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായി കഴിഞ്ഞാൽ ആ ടെസ്റ്റ് റിസൾട്ട് ഒരിക്കലും തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല കാരണം അത് റിലയബിളല്ല കാരണം അവിടെയൊക്കെ എന്താണ് അവരുടെ ശബ്ദങ്ങളും ചലനങ്ങളും ഒക്കെ അവരുടെ ശ്വാസോച്ഛ്വാസമൊക്കെ നിരീക്ഷിച്ചിട്ട് ഒരാളിരുന്ന് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ളൊരു നിർബന്ധമില്ല തെളിവായി സ്വീകരിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ പഴയകാലത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണെന്താണ് മനുഷ്യന്റെ ബുദ്ധി തത്വപക്ഷപാത സത്യത്തെ അറിയാൻ മെമ്പുന്ന ഒരു മനസ്സാണ് എല്ലാവർക്കും അത് ശരിയാണ് പക്ഷെ മറ്റൊന്നുകൂടെയുണ്ട് എന്താണ് സത്യത്തെ മറച്ചു വയ്ക്കാൻ അതെ ഇവിടെ വാചസഭരം ചെയ്യുന്നു അതാണ് കാരണം ഇത് ധർമ്മകീർത്തിയുടെയാണെന്ന് അറിയാം പക്ഷെ പറയുന്നുണ്ട് ഈ ധർമ്മകീർത്തിയുടെ അത് മറച്ചു വയ്ക്കുകയാണ് അനുപരം എന്താ പറഞ്ഞു ബാഹ്യ ബാഹ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താണോ ഞങ്ങളെന്താ ആസ്തികന്മാർ വൈദിക പക്ഷത്തേക്കുന്നവരാണ് ഇത് അവൈദികന്മാരാണ് അവരും കൂടി പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യമില്ല അത് തന്നെ സത്യത്തെ മറച്ചു വെച്ച ഈ പറയുന്ന അവൈദികന്മാരുടെ ഒരുപാട് ആശയങ്ങൾ ശങ്കരാചാര്യ സ്വീകരിച്ചു പക്ഷെ ഒരിടത്തും നിങ്ങൾ ഭാഷയത്തിൽ ഒരിടത്ത് നോക്കിയാലും അതിന്റെ ലിങ്ക് കിട്ടത്തില്ല കാണിക്കാമെന്നൊരു പ്രശ്നമേ ആ സമയം ഉപനിഷത്തോ ഗീതയോ മഹാകാലങ്ങളോ എന്ന് ഇഷ്ടംപോലെ ലെങ്കിൽ കിട്ടും ഭാഗ്യത്തിൽ അപ്പോൾ ഒളിച്ചു വയ്ക്കാനോ അറിയാം നീ പറഞ്ഞൂടെ അവരെ കുറിച്ച് പറയുമ്പോൾ മഹാവൈനാശികന്മാരെന്നൊക്കെ പറയും അധിക്ഷേപ പദങ്ങളെ വിളിച്ചു അധിക്ഷേപപഥങ്ങളും ഒരിക്കലും വെളിപ്പെടുത്തത്തില്ല അപ്പൊ അത് അവിടെ സത്യത്തെ മൂടി വെക്കുകയാണ് അദ്ദേഹത്തെ എല്ലാവരുടെ കയ്യിലും എന്നാൽ ഇത് ശരിയാണ് എന്താണ് ബുദ്ധകീർത്തത്വപക്ഷപാതം എന്ന് പറഞ്ഞ ആളാണ് ആദ്യം പ്രസ്താവിച്ച ആളാണ് ബുദ്ധിയുടെ ഒരു സവിശേഷതയായിട്ട് ഞാൻ അത് പറഞ്ഞു തന്നാണ് ഇതിനൊക്കെ ഈ അദ്വൈതത്തിലും ഒരുപാട് വലിയ കടപ്പാടുണ്ട് അപ്പൊ ഈ ഒരാശയം എന്താണോ അപ്പോൾ ജാമ്യേഴ്സിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് അതായത് ഈസി പ്രോബ്ലവും ഹാർട്ട് അപ്രോബും ഈസി പ്രോബ്ലംന്ന് വെച്ചാൽ ശരിയാണ് നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാകുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ബ്രെയിനിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അതൊക്കെ ഒരു എം സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കും അതൊക്കെ ശരിയാണ് അങ്ങനെ ഈസി പ്രോബ്ലം അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു അത് പക്ഷേ ഈ നമ്മുടെ എക്സ്പീരിയൻസിന് അതുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം ഇന്നുകൊണ്ട് അതിനെ എന്താണ് ഫിലോസഫിക്കലായ വ്യാഖ്യാനം കൊടുക്കാനേ പറ്റി അപ്പൊ എന്താണ് ജോമേഴ്സൺ പറയുന്നത് ഈ പറയുന്ന ബൗദ്ധന്മാരുടെയും അദ്വൈതികളുടെയും ഒക്കെ അപ്പൊ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വേറിട്ട് ഈ കോൺഷ്യസ്നെസിനൊരു സത്യം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് ബൗദ്ധന്മാരും അദ്വൈതികളും എല്ലാം പറയും ഈ ഭൗതികത്തിൽ നിന്ന് വേറിട്ട ബോധത്തിനൊരു സത്യം ഈ ലീവിനെ എതിർക്കുന്നവരുണ്ട് മറുപടി അതൊന്നും നമ്മൾ മനസ്സിലാക്കും ഇതിന് കുറച്ചാൾക്കാരേ ഉള്ളൂ ഇതിനനുകൂലിക്കുന്ന കാരണം ഈ പറഞ്ഞ ആള് ഒരു കോബിനിറ്റീവ് സയന്റിസ്റ്റാണ് അതേസമയം ഒരു ഫിലോസഫറുമാണ് രണ്ടും അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് പക്ഷേ ഇവര് കർശനമായ നിലപാടോട്ടെടുക്കുന്ന ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയല്ല ശരിയാണ് എന്താണോ ചില പ്രശ്നങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടണം നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ എന്തൊരും ഇതിന്റെ ഉത്തരം കിട്ടും ഇനി കിട്ടാനുള്ളത് കൂടെ കിട്ടും ഇതുവരെ കിട്ടിയില്ലേ പല കാര്യങ്ങളും പല കാര്യങ്ങൾക്കിപ്പോൾ ഉത്തരം കിട്ടിയല്ലോ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രശ്നം ഹാർട്ട് ഹാർട്ട് പ്രോബ്ലം എന്ന് വിളിക്കുന്ന ഇതിന് ഉത്തരം കിട്ടും അത് വെയിറ്റ് ചെയ്യുക സയൻസിന് പകരം നിങ്ങൾ ഫിലോസഫി കൊണ്ടുവന്നാൽ അത് അംഗീകരിക അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ സയൻസിലൂടെ തന്നെ അതിന്റെ ഉത്തരം കണ്ടപ്പോ അതിന് വേണ്ടി ചെയ്യും അതിന് പകരം ഫിലോസഫി ശരിയാവത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ബോധം അതുകൂടെ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമാന്യമായ ഒരാളോട് വെച്ച് ഞാൻ പറഞ്ഞാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല പൊതു വിജ്ഞാനം പങ്കുവെച്ചെന്നേ അത് വേണമെങ്കിൽ സ്വന്തമായിട്ട് അപ്പോ ഈ ഇത് പഴയകാലത്തെ തീരുമാനിച്ചാണ് ഇത് ഭൗതികത്തിൽ നിന്നും ഭിന്നമായ സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒന്നാണ് ഈ ജ്ഞാനം എന്നുള്ള ബോധം പ്രമാതാവ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ജീവൻ അതുതന്നെയാണ് ആത്മാവ് അത് തന്നെയാണ് ശരീരം ദേഹി അത് പുരുഷൻ അതിനെയാണ് ക്ഷേത്രജ്ഞൻ രീതിയിൽ ഒരുപാട് വാക്കുകളുണ്ട് കൂടസ്ഥൻ അല്ലാതെ തന്നെയാണ് അവിടെ അപ്പം ഇന്ന് ഇനി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളത് അപ്പൊ സയൻസിനും ഇവിടെ ചില പിടികിട്ടാത്ത ഭാഗങ്ങളുണ്ട് സയൻസ് ഉത്തരം കിട്ടുന്നവരോ കാത്തിരിക്കേണ്ടവർക്ക് കാത്തിരിക്കാം അല്ല ഇപ്പൊ തന്നെ ഒരു ഉത്തരം വേണം നമുക്ക് ഫിലോസഫിയിലേക്ക് വരാം അദ്വൈതത്തിനും പറയുന്ന ധർമ്മകൃതിയുടെ ഒക്കെ ഉത്തരമുണ്ട് അത് രാമാനുജൻ പറയുന്ന ഉത്തരം തന്നെയാണ് എന്താ അവിടെ ഈ പറയുന്ന റിഡക്ഷനിസമാൻ തളികളെ എല്ലാം ീ ഭൗതിക പ്രപഞ്ചത്തെ എല്ലാം അങ്ങനെ എന്താണ് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ തലത്തിൽ പോയി വ്യാഖ്യാനിക്കുക സാധിക്കും എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല എന്നുള്ള വാദത്തെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആത്മാവിനെ സ്വീകരിക്കാം ബ്രഹ്മത്തെ സ്വീകരിക്കാം ദേഹിയെ സ്വീകരിക്കാം എങ്ങനെ തത്വചിന്തകൾ ഫിലോസഫികൾ ഇതാണ് എല്ലാ നമ്മുടെ ആചാര്യന്മാരും പറയുന്നത് ഇത് തന്നെ ജൈനന്മാർ സ്വീകരിച്ചു ബൌദ്ധന്മാർ മാത്രന്മാരും ജൈനന്മാരും എല്ലാവരും സ്വീകരിച്ചു ആസ്തികന്മാരെല്ലാം സ്വീകരിച്ചാണ് അഹം ഇതം ജാനാമി ദേഹസ് അന്യസിച്ചത് അവിടെ രണ്ടുമുണ്ട് ദേഹത്തിന്റെയാണ് ഇതം അഹം പ്രമാതൃതയ ഏകരൂപേണ ഉപലബ്ധാ പ്രമാതാവായി ഒന്നായി അറിയും ഒന്നായി അറിയുന്ന തന്നെയും അറിയും ശരീരത്തിനും അവിടെ പിന്നെ പ്രമാതാവ് പ്രമാതാവ് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കമായി അത് യാത്ര എങ്ങനെയിരിക്കും അത് രാമാനുചാര്യ അത് അണുവാണ് അത് സമയം മറ്റുള്ളവർക്കൊക്കെ അതൊരു വിഭവാണ് ഇങ്ങനെയുള്ള വലിയ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എല്ലാവരുടെ അഭിപ്രായമാണ് അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും അങ്ങനെ പറയുന്നവരോട് അണു എന്നും പറയണ്ട വിഭവെന്നും പറയ മൂന്നാമതൊരു ഭക്ഷണം എന്താണ് ഈ ആത്മാവെന്ന് പറയുന്നത് ബലോൺ പോലെയാണ് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി അത് അണുവാകും വികസിച്ച് വികസിച്ച് വികസിച്ച് പറഞ്ഞാ സിദ്ധാന്തവും പിന്നെ അത് എങ്ങനെ ചോദ്യം ചെയ്താലും പറയുന്ന ഒരു വിട്ടുവർക്കത്തിൽ ഒരു തർക്കിക്കും തർക്കിച്ചിട്ട് പരസ്പരം തോൽപ്പിക്കുകയും ജയിക്കുകയും ചെയ്യും അപ്പോ സിദ്ധാന്തവും അപ്പൊ ഇതൊക്കെ വ്യാഖ്യാനങ്ങളിലൂടെ സിദ്ധാന്തങ്ങളായി നിലകുന്ന കാര്യമാണ് അവള് രാമാനുജാചാര്യെ വാശി പിടിച്ച് പറയും ഇത് ശരീരത്തിൽ അണുവായിരിക്കും അണുവായിരിക്കുന്നുണ്ടെങ്കിലും അതിനിപ്പോ വിരണ്ട തുമ്പിൽ നിന്ന് ഉച്ചയിൽ പോകുന്നതിന് സമയത്തിന്റെ ആവശ്യം പ്രകാശത്തിൽ ഏകദേശീയ സഞ്ചരിക്കും പ്രകാശം സെക്കൻഡിലും മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ അതിനും രേഖ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് എന്താണോ ഈ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് എല്ലാ സ്ഥലത്തും വിരൾത്തും പോലും എന്താണോ തലയുടെ അറ്റം വരെ ഒരേ സമയം ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരേ സമയം കാലവ്യത്യാസം നമുക്കറിയാൻ പറ്റില്ല എന്നൊക്കെയും രാഹ്മാനുജാരുടെ സത് അദ്ദേഹം പ്രമാരു ആകാരേദിക ശരീരത്തിന് എന്താണ് ഈ ശരീരത്തിൽ തന്നെ ദേശഭേദമെന്തു രൂപഭേദവും അങ്ങനെ കൈ പോലെയല്ല കാലിരിക്കുന്നു കാലുപോലെയല്ല കണ്ണിരിക്കുന്നു കണ്ണുപോലെയല്ല മൂക്കിരിക്കുന്നു ഇതാണ് ഇവിടെ പറയുന്ന ആകാരഭേദം എന്തുകൊണ്ട് അവയവളന്നു ഒരേ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ പല രൂപത്തിലും ശരീരം ആത്മാവ് അങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറയും ഇത് ശരീരത്തിൽ അണുവായിരുന്നു കൊണ്ട് എല്ലായിടത്തും ഇരിക്കും ഒരിടത്ത് ഇരുന്നാലും മാറ്റുണ്ട് തുമ്പിലിരുന്നാലും ആണ് തന്നെ ഉച്ചയിൽ കയറിയിരുന്നാലും ആണ് തന്നെ ദേഹാദേശേദി പ്രമാകാരം ആകാരഭേദം നിരവയമാണ് ഇതെല്ലാം പറയുന്ന എന്തിനാ ഇതും നശിക്കുന്നില്ല അതിന് അണുവായി പറയുന്നത് കൊണ്ട് ഈ ഒരു അമ്മാനുചാചാര്യ തരുന്നു പഴയകാലത്ത് അണു എന്ന് പറഞ്ഞാൽ നിത്യമാര് താർക്കികന്മാര് പറഞ്ഞതും അണു നിത്യമാണ് തന്മാത്രമുള്ള നിത്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവർ മറ്റുള്ള പരിണാമം സംഭവിക്കും താർക്കികന്മാരെ സംബന്ധിച്ച് പരിണാമം പോലെ സംഭവിക്കും പ്രണാമി നിത്യവും അല്ലാതെ അതാണ് നിത്യമാണ് അതുകൊണ്ട് ആത്മാവിനെ ഗുണമൈസ്വീകരിക്കാൻ തവണ നശിക്കുന്നില്ല അത് ഏകരൂപത്വന് അനുപചയാത്മകത്വ വ്യാമകത്വ ആത്മാനിത്യ അതാണ് പറഞ്ഞുതരുന്നത് അതുകൊണ്ടാണ് ഏകരൂപത്വന് ഏകരൂപം ഈ ശരീരത്തിൽ അത് ഏകരൂപത്തിലും അനേകരൂപത്തിലുള്ള ശരീരം പോലെ അനുപജയാകത്ത് അതിനവയവങ്ങളില്ല പ്രമാദിത്വം അത് മാത്രമാണ് അറിയുന്നവനായിരുന്നു ശരീരത്തിൽ അഹമു നൽകുന്നത് ആത്മാവ് മാത്രമാണ് ഏറുന്നുണ്ട് വ്യാപകത്വ അത് വ്യാപകമായിരുന്നു എന്നിട്ടും ശരീരം വ്യാപനം ചിത്രയുള്ള ശരീരത്തിലത് അണുവായി വ്യാപിച്ചിരിക്കുന്നു ആത്മാനിത്യ അതുകൊണ്ട് ആത്മാവ് എന്താണ് നിത്യമാണ് പിന്നെ ഈശ്വരൻ്റെ കാര്യം പറയുമ്പോൾ അത് വ്യാപകമാണ് പരമാത്മാ അത് വ്യാപകമാണ് അണുവല്ല അത് പതിമൂന്നാം തീയതി അതിൻ്റെ കാര്യങ്ങൾ ദേഹസ്ഥ ഉപചയാതത്വം അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത് ദേഹം എങ്ങനെയാണ് ഉപചെയ്യാത്ത അങ്ങനെ അവയവങ്ങളുണ്ട് ശരീരണഹ് കർമ്മ അർത്ഥത്വ ശരീരീന്ന് വെച്ചാൽ ഈ ആത്മാവിന്റെ കർമ്മഫലഭോഗ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ശരി പൂർവ്വപൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ബലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ശരീരം അനേക രൂപത്വമാണ് അനേക രൂപമാണ് കൈവേരെ കാല് വേറെ പണ്ട് വേറെ നാക്ക് വേറെ മൂക്ക് വേറെ എന്ന് പറഞ്ഞ അനേക രൂപമാണ് വ്യാപ്യത്വ ഈ വ്യാപ്യത്വം എന്ന് പറയുന്ന കൂടെ പറയുന്ന ഈ ശരീരം പിന്നെ നശിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്ന ഒരു കാര്യം ഗുണം വ്യാഖ്യാനിച്ചിട്ടുണ്ട് വ്യാപ്യം പറഞ്ഞു കഴിഞ്ഞാൽ യുധം കൊണ്ടും മറ്റും സംബന്ധം ഉണ്ടാകുന്നതാണ് ആയുധം കൊണ്ടും സംബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നശിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് വ്യാപ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാപിക്കുന്ന ഒന്നിച്ച സംബന്ധം ഉള്ളതാണ് എന്തിന്റെ സംബന്ധം ആയുധം കൊണ്ടേയും അത് ഇനി അതങ്ങനെ പ്രത്യേകം പറയുന്ന ഇനി പറയുന്നതിനും ശസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിനെയാണെങ്കിൽ അത് ആത്മാവിനെ സംബന്ധം ഉണ്ടാകട്ടുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾക്ക് ആത്മാവിനെ നശിപ്പിക്കാൻ ശരീരമായിട്ട് എല്ലാ ആയുധങ്ങൾക്കും സംബന്ധമുണ്ടാവും അതുകൊണ്ട് തന്നെ അത് നിശ്ച പോകുന്ന പറയാൻ കാരണം തസ്മ ദേഹ വിനാശസ്വഭാവത്വം അതുകൊണ്ട് ദേഹം എന്ന് എന്താണ് നശിക്കുന്നതാണ് ഇത്രയൊന്നും വിശദീകരിച്ചില്ലെങ്കിലും ദേഹം നശിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും ശാസ്ത്രത്തിന്റെ ഒരു രീതി അനുസരിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുവെന്നു കാരണം ശരീരം കാണുന്നു അന്ന് പ്രത്യക്ഷ പ്രമാണം യുക്തിയുടെ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യത്തെ തന്നെ ഇവിടെ യുക്തിയിലൂടെ വീണ്ടും വിശദീകരിക്കുന്നു പിന്നെ ചർബിത ചർബണമെന്നു ഒരു പ്രമാണത്തിലൂടെ സിദ്ധമായ കാര്യത്തെ സംശയരഹിതമായി ആർക്കും ബോധിക്കാവുന്ന കാര്യത്തെ യുക്തികളിലൂടെ വീണ്ടും വീണ്ടും വീണ്ടും പറഞ്ഞു അതിനെ കൊലിപ്പിക്കുന്നു ചവച്ചരച്ചയെന്ന് വീണ്ടിച്ചോക്കുക അയവറക്കെ ഇതൊക്കെ പഴയ രീതിയാണ് അങ്ങനെയൊക്കെ പറയേണ്ട ബാധ്യത അവർക്ക് അതുകൊണ്ട് തസ്മാത് ദേഹസ് വിനാശസ്വഭാവത്വ ആത്മനോ നിത്യസ്വഭാവത്വ അല്ലെങ്കിൽ നിത്യത്വ ഉഭോ അഭിശോകസ്ഥാന ഇതാണ് പറഞ്ഞു വരുന്നതിന്റെ ചെറുപ്പമില്ല തസ്മാ ദേഹസ്യ വിനാശ സ്വഭാവം ദേഹം നശിക്കുന്നതാണോ ആത്മനോ നിത്യത്വം ആത്മാവ് ഈ പ്രമാവ് ദേഹി ശരീരം നിത്യമാണെന്ന് വെച്ചാൽ നശിക്കാത്ത ഉഭോവി രണ്ടും നശോകസ് വിഷയമല്ല രണ്ടിനെയും കുറിച്ച് അറിഞ്ഞ് അറിഞ്ഞോ ചിന്തിച്ചോ ഒന്നും ഒന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല നശിക്കാത്ത ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ദുഃഖിക്കണം നശിക്കൊന്നും കരക്കെ ദുഃഖിക്കണം വേണ്ടോ എന്നെ നശിക്കുന്ന ശരീരത്തെ കുറിച്ച് ഓർത്തിട്ട് ഇത് നശിച്ചു പോകുമല്ലോ എന്നോട് ദുഃഖിക്കണം ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്തായാലും നശിക്കും ഗീത പറയുന്ന നിർമ്മമത്വം ആ നിർമ്മമത്വം എന്ന് പറയുന്ന ആശയ കൂടെ കിട്ടുക നിർമ്മമത്വം എന്ന് വെച്ചാൽ വാക്യാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് മമതയില്ലായിരിക്കും പക്ഷെ നിർമ്മമത്വത്തിന് ലോകപ്രസിദ്ധമായൊരു അർത്ഥം ഉണ്ടെന്താണ് വളരെ നിർമ്മമനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അന്യന്റെ വേദനയെ മനസ്സിലാക്കാത്തതാണ് അങ്ങനെ ഒരു അർത്ഥം അപ്പൊ ഇവിടെ അങ്ങനെ ഒരർത്ഥം ഇവിടെ വരും ഈ പറയുന്നത് കാരണം നമ്മളെപ്പോഴാണ് ദുഃഖിക്കുന്നത് സാറിന നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ ദുഃഖിക്കും അല്ലെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കും വേദന ഉണ്ടാകുമ്പോൾ ദുഃഖിക്കും പിന്നെപ്പോഴാ ദുഃഖിക്കുന്നത് ദുഃഖിക്കണമെന്ന് നിർബന്ധമില്ലാത്ത സ്ഥലത്തും ദുഃഖിക്കും അതെവിടെയാണ് എവിടെയാണ് അന്യന്റെ വേദന കാണുന്നു അന്യന്റെ വേദന കാണുമ്പോൾ ദുഃഖിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ദുഃഖിക്കും മനുഷ്യൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്തുകൊണ്ട് അന്യന്റെ വേദന കാണുമെന്ന് ദുഃഖിക്കുന്നത് സിമ്പിളായ കാര്യം അങ്ങനെയുള്ളു അങ്ങനെ നിങ്ങൾ ചിന്തിക്കും ഓരോള്ള ദുഃഖം തന്റെ ദുഃഖം പോലെയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോ ദുഃഖിക്കും മിത്രമായ ശത്രുവായാലും അതാണ് പറഞ്ഞ ദുഃഖിക്കണമെന്ന് നിർബന്ധമില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ വീണ്ടും പറയും അന്യന്റെ ദുഃഖം അത് തന്റെ ദുഃഖം പോലെയാണല്ലോ എന്നൊരു വിചാരം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദുഃഖിക്കും ആരായും ദുഃഖിക്കും ദുഃഖിക്കേ പറ്റും അങ്ങനെ ഒരു വിവേകം ജനിച്ചറവും മനസ്സിലില്ലെങ്കിൽ നമ്മളെന്തെയും മിത്രത്തിന്റെ ദുഃഖമാണെങ്കിൽ നമ്മൾ ദുഃഖിക്കും ശത്രുവിന്റെ ദുഃഖമാണെങ്കിൽ എന്തെയും സന്തോഷം അങ്ങനെ പറഞ്ഞു അങ്ങനെ വരുന്നത് എന്താണ് ഒരു സംസ്കൃത ബുദ്ധിയുടെ അടയാളം മനുഷ്യൻ അടിസ്ഥാനപരമായി എന്താണ് അടിസ്ഥാനപരമായ മനുഷ്യൻ എന്താണ് മൃഗമാണ് എന്തുകൊണ്ട് മൃഗപരിണാമമാണ് മനുഷ്യനെന്ന് പറയും മനുഷ്യൻ മൃഗപരിണാമമായ മനുഷ്യനായി വിചാരിച്ചത് ഒരിക്കലും മൃഗമല്ലാതായിട്ടില്ല കാരണം എന്താണ് മനുഷ്യൻ കുരങ്ങ് വർഗത്തിൽപ്പെട്ടവർ കുരങ് തന്നെയാണ് ഇന്നും പരിണാമശാസ്ത്രം അനുസരിച്ച് മനുഷ്യൻ സ്വയം ഇങ്ങനെ എന്തോ തനിക്ക് വിശേഷതകളുണ്ടെന്ന് വ്യർത്ഥമായി ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പരിണാമശാസ്ത്രമനുസരിച്ച് മനുഷ്യനും ഒരു കുരങ്ങ് തന്നെയാണ് നിങ്ങൾ ചോദിക്കും എന്താണ് കുരങ്ങിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനും ഉണ്ടാകും കുരങ്ങിൽ നിന്ന് പരിണമിച്ച് കുരങ്ങ് തന്നെയാണ് അതിന് മനുഷ്യനൊന്ന് പേരിട്ട് വിളിച്ച കുരങ്ങല്ലാതെ പ്രണാമശാസ്ത്രം ശരിക്കും മനസ്സിലാക്കുക കുരങ്ങിൽ നിന്ന് പരിണമിച്ചത് കുരങ്ങ് തന്നെയാണ് പിന്നെ പലതരത്തിലുള്ള കുരങ്ങുകളുണ്ട് അത് സയൻസാണ് തമാശ മനസ്സിലാണ് എല്ലാ കുരങ്ങൾക്കും ഈ ഭയപ്പെട്ട ദിവസം എന്ന് പറയുന്ന ഒരു ശേഷിയില്ല എല്ലാ കുരങ്ങുകൾക്കും ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ചില വിശേഷതകളുള്ള ഒരു കുരങ്ങുവർഗമാണ് മനുഷ്യൻ ഹ്യൂമൻ ഓയിഡെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട അനേകം കുരങ്ങൾപ്പെട്ട ഒന്നാണ് കുരങ്ങില്ലാതെ ആ മൃഗം തന്നെയാണ് പിന്നെ പരിണാമം കൊണ്ട് എന്ത് ചെയ്തു ചില വ്യത്യാസം തോന്നുന്നു അതെല്ലാ ലൂക്ക എന്ന് പറയുന്നത് ആ ഏകകോശ ജീവിയിൽ നിന്ന് പരിണാമം ഏതിനൊക്കെ സംഭവിച്ചാലും എല്ലാത്തിനും ഓരോരോ വിശേഷതകളുണ്ട് അതുപോലെ ചില വിശേഷതകൾ ഉണ്ടെന്നുള്ളതേയുള്ളൂ അങ്ങനെ വിശേഷതകളെന്ന് വിചാരിച്ച് മനുഷ്യന് പ്രത്യേകത ഒന്നുമില്ല എന്തുകൊണ്ട് ഈ പരിണാമത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിശേഷതകൾ മനുഷ്യനില്ലാത്ത മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത മനുഷ്യനൊരിക്കലും ആർജിക്കാൻ കഴിയാത്ത വിശേഷതകളും മറ്റ് ജീവികൾക്കുണ്ട് ഒരുപാട് വിശേഷതകളുണ്ട് ബുദ്ധിപരമായ വിശേഷതകളുണ്ട് മനുഷ്യന് ആർജിക്കാൻ കഴിയാത്ത ബുദ്ധിപരമായ സവിശേഷതകളും മറ്റ് ജീവികൾക്കുണ്ട് നമ്മൾ പറയും വിവേകം മനുഷ്യനുണ്ട് മനുഷ്യനും തിരിച്ചറിയാൻ കഴിയാത്ത പലതിനെയും തിരിച്ചറിയാൻ കഴിവുള്ള ജീവികൾ വേറെയുണ്ട് എല്ലാ ജീവികൾക്കും ചിന്താശേഷം മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ജീവികൾ പേരെയുണ്ട് പല ജീവികൾക്കും പല സവിശേഷതകളുണ്ട് അതൊക്കെ പരിണാമത്തിൽ വന്ന എന്താണോ അത് മനുഷ്യനോടും മൃഗമാണ് പക്ഷേ മനുഷ്യൻ ഒന്ന് സംഭവിച്ചെന്താണോ അല്ലാണ്ട് നമ്മൾ പറയുന്ന കൾച്ചറൽ റവല്യൂഷൻ എങ്ങനെ അത് മനുഷ്യന് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചപ്പോഴാണ് മനുഷ്യൻ എന്താണ് മറ്റൊരാളുടെ ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തെ കാണുമ്പോൾ അത് ദുഃഖം പോലെയാണല്ലോ എന്ന് ചിന്തിക്കാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുവരും അവിടെ അവന് തിനെ സഹായിക്കുമ്പോൾ അവന്റെ ഉപദ്രവത്തിൽ അവന് അവന്റെ ദുഃഖത്തിൽ അവന് നിർമ്മമനാകാൻ പറ്റത്തില്ല അത് കഴിയുന്ന കാര്യമില്ല അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ നിങ്ങളിൽ ശരിക്കുള്ള സാംസ്കാരിക പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ ദുഃഖം കാണുമ്പോൾ നിങ്ങൾക്ക് നിർമ്മമനായി മമതയില്ലാത്തവനായിരിക്കാൻ പറ്റി ബദ്ധമാണങ്ങനെ പറയും ആ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താണ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തിന് ഒരുത്തനെ കൊല്ല തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ കൊല്ലം അങ്ങനെ കൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മമതയില്ലാതിരിക്കുക ആ സമയത്തെ പറ്റുമോ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മമതയില്ലാതിരിക്കാം കാരണം മമതയും ഉണ്ടെങ്കിൽ കൊണ്ടാൻ പറ്റില്ല അപ്പം അവിടെ എന്ത് വേണം അവിടെ അവന്റെ ദുഃഖത്തെ മനസ്സിലാക്കാതിരിക്കുക അവന്റെ ദുഃഖം തന്റെ ദുഃഖം പോലെയാണെന്ന് ചിന്തിക്കാതിരിക്കുക അപ്പവിടെ എന്താണ് അവന് ശരിയായ ഈ പറയുന്നത് എന്താണ് ഒരു സാംസ്കാരിക പരിണാമം സംഭവിച്ചിട്ടില്ല അവൻ മൃഗമാണെന്ന് മൃഗങ്ങൾക്കുണ്ട് ഇത് മനസ്സിലാകാം മൃഗങ്ങൾക്ക് പോലും സാംസ്കാരിക പരിണാമം ഉണ്ട് ഒരു കാക്കയുടെ കുഞ്ഞിനെ നിങ്ങൾ പോയി എടുക്കാൻ പറ്റും നിങ്ങളുടെ തലയെല്ലാം കൂടെ ഒന്ന് മാന്തി പൊളിക്കും ഇതാണോ അതിന്റെ ദുഃഖം അവരെല്ലാവരും പങ്കിടുകയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നിങ്ങളൊന്നാക്രമിക്കുന്നത് അതിന്റെ കുഞ്ഞിനെ ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുക വേറൊന്നും എന്നറിയത്തില്ല അത്രയേ പരിണാമുള്ളവർക്ക് നമ്മളെപ്പോലെ വേറെ ബുദ്ധി പ്രയോഗിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ ശരിയാണ് യുദ്ധത്തിൽ ഒരാൾക്ക് നിർമ്മമത്വം ഉണ്ടെന്ന് ശരിയാണ് അവിടെ മമത ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ അവന്റെ ദുഃഖത്ത് കാണാതിരിക്കുക എന്നിട്ട് അവനെ കൊല്ലുക അവന്റെ കഴുത്തറത്തായിരിക്കും കൊല്ലുക അത് ആ സന്ദർഭത്തിന് മാത്രമേ പറ്റൂ ജീവിത എന്ന് പറയുന്നത് എപ്പോഴും യുദ്ധ സന്ദർഭങ്ങളല്ല ജീവിതം എന്ന് പറയുന്ന ജീവിത സന്ദർഭങ്ങളാണ് യുദ്ധം എന്ന് പറയുന്നത് എന്താണ് മരണത്തിന്റെ സന്ദർഭം അവിടുത്തെ തത്വശാസ്ത്രം എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന സന്ദർഭങ്ങളെന്താണ് അവിടെ നിർമ്മനാക്കാൻ നിങ്ങൾ കഴിയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിയായ കൾച്ചറൽ എവല്യൂഷൻ സംഭവിച്ചിട്ടില്ല നിങ്ങളെപ്പോഴും എന്താണ് ഏതോ മൃഗങ്ങളുടെ അവസ്ഥയിലാണ് അതിന് വലിയ പുരോഗതിയൊന്നും ഉണ്ടായി ശരിക്കും ബേസിക്കായി മൃഗമാണ് പക്ഷേ മറ്റൊരു മൃഗവുമാണ് ശരിക്കും അടിസ്ഥാനപരമായ മൃഗം തരും ഒരു മൃഗം ഇവിടെയാണ് ക്രൂരതയുള്ള ഒരു മുഖമുള്ളത് മൃഗം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അന്യന്റെ ദുഃഖത്തെ തന്റെ ദുഃഖം പോലെ എന്ന് ചിന്തിക്കാനുള്ള ശേഷി അവിടെയാണ് പ്രശ്നം പിന്നെ മറ്റൊരുത്തന്റെ ദുഃഖത്തെ മനസ്സിലാക്കിയാൽ അതെല്ലാം പരിഹരിക്കാൻ തനിക്ക് കഴിയും കഴിയണമെന്നൊന്നുമില്ല പരിഹരിക്കാന്ന് പറയുന്ന വേറൊരു കാര്യമാണ് അതൊരാൾക്ക് കഴിഞ്ഞൊന്നും വരണം ഇല്ല പക്ഷെ അത് മനസ്സിലാക്കും മനസ്സിലാക്കേണ്ടത് അത് അത്യാവശ്യം പരിഹരിക്കാൻ കഴിഞ്ഞല്ല അത് മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യും നിങ്ങൾക്ക് ആ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷെ ഒന്ന് സഹതപിക്കാനെങ്കിലും കഴിഞ്ഞു അപ്പം അങ്ങനെ സഹതപിക്കുന്നിടത്തന്നൊരാൾ മനുഷ്യനാകും അപ്പോഴാണ് മനുഷ്യനിന്ന് എന്തെങ്കിലും ഒരു എന്താണ് സാംസ്കാരിക പരിവർത്തനം മനുഷ്യനെന്നുള്ളതിനൊക്കെ അവനിൽ വന്നിട്ടുണ്ടോ എന്ന് ീ പറയുന്ന നിർമ്മമത്വം എന്ന് പറയുന്നത് ഗീതയില് പറയുന്ന നിർമ്മത്വം ആത്മാവിന്റെ നിർമ്മ നിർമ്മമത്വത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനസ്സിന്റെ നിർമ്മമതയായിട്ട് ചരിത്ര രണ്ട് രണ്ടാണ് ആത്മാവ് നിർമ്മമാണോ അതെങ്ങിനോട് നിർമ്മതയാണ് അതാസംഗമാണല്ലോ മനസ്സെപ്പോഴും അങ്ങനെ ആയിരിക്കണം മനസ്സങ്ങനെ ആക്കി വയ്ക്കുന്നതാണ് ആത്മീയത എന്നൊക്കെ ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ മൃഗീയ വാസനകളെയും മൃഗീയ സ്വഭാവത്തെയൊക്കെ പുഷ്ടിപ്പെടുത്തുന്ന ആശയങ്ങളാണ് അതുകൊണ്ടും മനുഷ്യന് പ്രത്യേകിച്ച് നന്മയൊന്നും ഉണ്ടാവാ പ്രത്യേകിച്ച് ഗുണവും ഉണ്ടാവാ അപ്പോ നമുക്കെന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കണ്ണടച്ചിട്ട് ജീവിക്കാൻ പറ്റും യുദ്ധസന്ദർഭമല്ല ജീവിതസന്ദർഭം ദൈവം പറയുന്ന യുദ്ധത്തെ കുറിച്ചാണ് അതെല്ലായിടത്തും പ്രയോഗിക്കേണ്ട കാര്യമല്ല നിങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നും പിന്നെ തീരുമാനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോ അവിടെ നിങ്ങൾക്ക് നിർമ്മമനായിരിക്കും മനസ്സുകൊണ്ട് അവിടെ നിന്നേക്ക് എന്ത് ചെയ്യാം നിസ്സംഗനായിരിക്കും അതവിടെ മാത്രമേ പറ്റൂ വേറൊരു രോട്ടത്തും അത് അതുകൊണ്ട് ഞാൻ എന്താ ഇത്രയും പറയാൻ കാരണം എന്താ ഇത്രയും പറഞ്ഞു കേട്ടോണ്ടി ഇത്രയും പറയാൻ കാരണം നമ്മുടെ ആത്മാവും ദേഹവും ശോകത്തിന് വിഷയമല്ല എന്ന് പറഞ്ഞാൽ ആത്മാവും ദുഃഖത്തിന് വിഷയമാകില്ല ദേഹവും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന അടുത്ത് പറയണത് അസ്മാത് വിധ്യസ്വാരതം യുദ്ധം ചെയ്യും യുദ്ധത്തിന് മാത്രം ഇത് പറ്റൂ അത് ശരിയാ എന്തുകൊണ്ട് യുദ്ധം നിങ്ങൾ തീരുമാനിച്ച അവിടെ ഈ പറയുന്നത് ശരിയാണ് നമ്മളെ പിന്നെ ആത്മാവിനെ കുറിച്ചും ചിന്തിക്കേണ്ട ദേവത്വം കുറിച്ചും ചിന്തിക്കേണ്ട വെട്ട് കൊല് എന്നേ പറയാൻ ഇത് ഞാനിത്ര ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കുന്ന ചെയ്ത് പല ആൾക്കാരും ഗീതയെ രക്ഷിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുന്നതാണ്പോൾ സഹതാപം തോന്നും അതുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ പ്രതിരോധത്തെ കുറിച്ചാണ് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്നു ഗീതയെ രക്ഷിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുന്നവരുണ്ട് നമ്മുടെ പക്ഷെ ഇവിടുത്തെ വ്യാഖ്യാത എന്നൊരു സംശയമില്ല നമ്മുടെ വ്യാഖ്യാത പോലെ യുദ്ധം ചെയ്യാൻ തന്നെയാണ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് കൊല്ലുക എന്ന് തന്നെ എന്റെ അർത്ഥം ചെയ്യുന്ന എന്തിനുവേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രതിരോധം എന്ന് പറയുന്നത് എന്താണ് താൻ കൊല്ലപ്പെടാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് പ്രതിരോധം അത് യുദ്ധത്തിന്റെ ഒരു തന്ത്രം മാത്രമാണ് യുദ്ധം എന്ന് കൊല്ലുകയാണ് പക്ഷെ കൊല്ലണമെങ്കിൽ താൻ ജീവിച്ചിരുന്നാലേ കൊല്ലാൻ പറ്റും അപ്പോ യുദ്ധം ചെയ്യുമ്പോ താൻ കൊല്ലപ്പെടാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ അത് മാത്രമാണ് അതാണ് പഴയകാലത്ത് വാളും പരിചയം വരുന്നത് പരിചയ പ്രതിരോധത്തിനും വാള് കൊല്ലാ ഇത് രണ്ടും യുദ്ധത്തിന്റെ ഭാഗമാണ് വാളുപയോഗിക്കാതിരുന്ന യുദ്ധമാകത്തില്ല പരിചയം ഉണ്ട് മാത്രം യുദ്ധം നടക്കില്ല അപ്പോ യുദ്ധം കൊല്ലുക എന്ന് പറയുന്നതല്ല യുദ്ധമെന്നും കൊല്ലുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല ആ കൊല്ലുന്ന സന്ദർഭത്തിൽ നീ പറഞ്ഞത് വളരെ എന്തുകൊണ്ടാണ് നീ ആത്മാവിനെ കുറിച്ച് നിങ്ങണ്ടെ കൊല്ലാനിറങ്ങുമ്പോ മരിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പൊ തന്നെ പ്രതിരോധിക്കാൻ ഉള്ള ബാധ്യതയുണ്ട് പിന്നെ നിരന്തരം കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേ അവിടെ പിന്നെ മമ്മത്താകുന്ന കൊണ്ടുവന്ന കാര്യം ചെയ്യണം മനുഷ്യൻ ചിന്തിക്കണം എന്താണ് എന്റെ ജീവിതം കൊല്ലാനുള്ളതാണോ അത് ചിന്തിക്കണം കൊല്ലാനുള്ളതാണെങ്കിൽ പറഞ്ഞേക്കും നിങ്ങളുടെ ജീവിതം കൊല്ലാൻ ഉള്ളതല്ലെങ്കിൽ കൊല്ലാനുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കണം രക്ഷിക്കാനുള്ളതായിരിക്കും അപ്പൊ രക്ഷിക്കാനുള്ളതാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ കയറി കൊണ്ടുവരാൻ പറ്റി അവിടെ പിന്നെ എന്താണ് മറ്റുള്ളവന്റെ ദുഃഖത്തിൽ അനുതാപം ഉണ്ടായതേ പറ്റി സഹതാപുണ്ടായാലും കാരുണ്യം ഉണ്ടായാലും ഇതൊക്കെ ഉണ്ടായാലും അതുകൊണ്ട് ഇതൊക്കെ സന്ദർഭമനുസരിച്ച് വ്യത്യസ്തമായി മനസ്സിലാക്കണം ശ്ലോകാർത്ഥിച്ചിരിക്കുന്നത് ശരിയല്ല പക്ഷെ സന്ദർഭികമായി ഇത് മനസ്സിലാവണം എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം